നിങ്ങൾ നന്മ ചെയ്താൽ അത് നിങ്ങൾക്കു തന്നെയാണ് നിങ്ങൾ തിന്മ ചെയ്താൽ അത് നിങ്ങൾക്കും തന്നെയാണ് പിന്നീട് രണ്ടാമത്തെ വാഗ്ദാനം വന്നാൽ നിങ്ങളുടെ മുഖങ്ങളെ മ്ളേച്ചമാക്കാനും ആദ്യമായി പ്രവേശിച്ചതുപോലെ മസ്ജിദിൽ പ്രവേശിക്കാനും അവർ കീഴടക്കിയവയെ പൂർണമായും നശിപ്പിക്കാനും വേണ്ടിയാണത്